ഓരോ വഴികളിലും നിങ്ങളിരിക്കരുത് അവിടെ വെച്ച് നിങ്ങൾ ഭീഷണിപ്പെടുത്തുകയും അവനിൽ വിശ്വസിച്ചവരെ അള്ളാഹുസുബഹാനഹൂവായാലാവിന്റെ മാർഗ്ഗത്തിൽ നിന്ന് തടയുകയും ആ മാർഗത്തിൽ നിങ്ങൾ വളവ് ശ്രമിക്കുകയും ചെയ്യരുത് നിങ്ങൾ ചുരുക്കമായിരുന്നപ്പോൾ അള്ളാഹുസുബഹാനഹൂവ തായാലെ വർദ്ധിപ്പിച്ചത് ഓർക്കുക നാശമുണ്ടാക്കിയവരുടെ അന്ത്യം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കുക